Thank mm -hmm. you. ൈഭവോ പാഞ്ജലി സ്വാത്മതാ യോഗിമൂർത്തിവ്യസശങ്കര ശരിതം ജാനോത്തമാഖ്യം സദ്ധന്ദേ സത്യാദപറ്റോദിത്മദിവസാവ യു സുഖമ വിനൃ സീരിണനർ ഭിന്നഹാമ നമസ്തു സംഹാര സുഖ വിധം ഉവ്യവഹാരോഗ്യത മോക്ഷദൈതവാദാന്താനസ്വഭാവത്മനോ വ്യവഹാരനിരണീയ से തകാശലക്ഷണം പശ്യാ അതായത് ഏകാദശ ദശമലക്ഷണം പറഞ്ഞെന്താണോ അപരോക്ഷ വ്യവഹാര വിഷയത്വം അതിനുള്ള ദോഷങ്ങളൊക്കെ പറഞ്ഞു വ്യാഘാത ദോഷം തന്നെ പ്രധാനം അവേദ്യം എന്ന് പറഞ്ഞാൽ വേദ്യം അല്ലെന്നാണ് അപരോക്ഷ ജ്ഞാന വിഷയത്വം എന്ന് പറഞ്ഞാൽ വേദ്യമാണ് അതാണ് പ്രധാനമായി വരുന്നത് ഇനി അപരോക്ഷ വ്യവഹാര വിഷയത്വം ആത്മാവിൽ സ്വീകരിച്ചാൽ മുക്തിപ്രളയങ്ങളിലൊക്കെ അതുണ്ടോ ഇല്ല എന്ന് പറയേണ്ടി വരും അഭ്യാപ്തി അതുകൊണ്ട് പറഞ്ഞു വിഷയത്വമില്ല അപരോക്ഷ വ്യവഹാരയോഗ്യത അങ്ങനെയുണ്ട് അവേദ്യത്വം ഉണ്ട് അത് വിഷയത്വം വരുന്നില്ല അപരോക്ഷമായി വ്യവഹരിക്കാം അതിനുള്ള യോഗ്യതയുണ്ട് വിഷയത്വം അങ്ങ് ഈ വിഷയത്വം വരുമ്പോഴാണല്ലോ പ്രശ്നം വ്യാഘാതം വരുന്നത് അവേദ്യത്വം എന്ന് പറയുമ്പോൾ വിഷയത്വത്തിൻ്റെ നേരെ വിരുദ്ധമാണ് അപ്പോൾ പരസ്പരവിരുദ്ധമാണ് അപ്പോൾ അത് യോജിക്കത്തില്ല അപ്പോൾ ആ വ്യാഘാതത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ വിഷയത്വം എന്നുള്ള അങ്ങ് മാറ്റി വിഷയത്വവും അവിഷയത്വവും തമ്മിലാണല്ലോ വിരോധം വരുന്നു അനുബന്ധം എന്ന് പറഞ്ഞു അപരോക്ഷ വന്നിട്ട് യോഗ്യത നോക്കി അപ്പം നേരിട്ട് ഉള്ള ഏറ്റുമുട്ടലിൽ ഒഴിവാക്കുക ആരുമായിട്ട് അവിഷയത്വമായിട്ടുള്ളു അവൈദ്യത്വമായിട്ടുള്ളു അപരോക്ഷ വ്യവഹാരം ചിതാത്മാവിനുണ്ട് ജ്ഞാനത്തെടുത്ത് അവരോക്ഷോപഹാര യോഗ്യത ഉണ്ടെന്നേ പറഞ്ഞോളൂ വിഷയത്വം എന്ന് പറഞ്ഞു എന്തായാലും വിഷയത്വമല്ലോ യോഗ്യത എന്ന് വെച്ചാൽ ബി എ എം എന്ന് ഒക്കെ പറയുന്ന ഒരു യോഗ്യത അപരോക്ഷോപഹാരം ഉണ്ടോ അവിടെ സംഭവിക്കുമല്ലോ അങ്ങനെ നമുക്കറിയാമല്ലോ അപരോക്ഷോപകാരം നടക്കുന്നു അതായത് ബ്രഹ്മത്തെ സ്വയം പ്രകാശമാണെന്ന് ഒക്കെ പറയാൻ പറ്റില്ലേ പറയാൻ കഴിയുന്നുണ്ടോ അത് യോഗ്യത നമുക്ക് പറയാനും അറിയാനും കഴിയുമെങ്കിൽ അത് തന്നെ യോഗ്യത വിഷയത്തോന്നു ആവശ്യമില്ലാത്ത പറയാം എന്നാണ് അപ്പൊ വിഷയത്തും വിട്ട് യോഗ്യതയായപ്പോൾ ഈ ഒരു ചോദിക്കും എന്താണ് യോഗ്യത അതിന് സമാനം പറയണമെന്ന് വിഷയത്വം പോയി വിഷയത്വം ഇല്ല പക്ഷെ യോഗ്യതയുണ്ടല്ലോ അതിനുള്ള പറയുന്നത് ഏകാദശ ഉക്തവ്യവഹാര യോഗ്യതായ ധർമ്മത്വേ അതെന്താ സാധനം തന്ന ത്വം വന്നപ്പോ ഒരു ധർമ്മമായി സ്വീകരിക്കണം താത്വം വന്നു കഴിഞ്ഞാൽ ഒരു ധർമ്മം ആകും എന്തുവായിക്കൊള്ളട്ടെ ഒരു സാധനം സ്വപ്രകാശാത്മാവിൽ ഒരു സാധനം വന്നു ത്വം ഉത്യഹാര യുഗ്യതയായ ധർമ്മത്തെ മോക്ഷദശയായ അവ്യപ്തി മോക്ഷദശയിൽ അഭ്യാപ്തി അത് കഴിഞ്ഞാൽ അവ്യാപ്തി അദ്വൈതവാദിനാം അപസിദ്ധാന്തപാദ അദ്വൈതവാദിയെ സംബന്ധിച്ചിടത്തോളം അപസിദ്ധാന്തം അവസിദ്ധാന്തം എന്ന് പറയുന്ന ദോഷം വരും എന്താണോ ബ്രഹ്മത്തെ മോക്ഷദിശയിൽ അവിടെ കൽപ്പിതമായ ഒരു ധർമ്മങ്ങളുണ്ട് നിർധർമ്മങ്ങളാണ് വ്യവഹാര ദിശയിൽ വേണമെങ്കിൽ പറയാം കൽപ്പിതധർമ്മങ്ങളും മോക്ഷദിശയെ സ്വീകരിക്കാൻ പറ്റില്ല അവിടെയും നിങ്ങൾ ഉണ്ടെന്നു പറഞ്ഞോ യോഗ്യത്വത്തെ സ്വീകരിച്ച് അവിടെ സ്വീകരിച്ച സ്വീകരിക്കാരിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് ലക്ഷണം അങ്ങനെ ആയതുകൊണ്ടാണോ അവ്യാപ്തി ദോഷം കാരണം ലക്ഷണം പറഞ്ഞാൽ അത് വ്യവേറെ ദിശയിലും വേണം മോക്ഷദിശയിലും വേണം മോക്ഷദിശ ഇല്ലെന്ന് പറയാൻ പറ്റുള്ളൂ സ്വീകരിക്കേണ്ടി വരും സ്വീകരിച്ചാൽ അപസിദ്ധാന്തം സ്വീകരിച്ചില്ലെങ്കിൽ അപ്പം ഇത് ഒഴിവാക്കാനൊരു വഴിയുള്ളൂ എന്താണോ അപരോക്ഷ വ്യവഹാരയോഗ്യത്വം എന്ന് പറയുന്ന ബ്രഹ്മം തന്നെ ബ്രഹ്മസ്വരൂപം ഇപ്പൊ പ്രശ്നമല്ലല്ലോ മോക്ഷദശയിലായാലും ശരി വ്യവഹാരദശയിലായാലും ആ സ്വരൂപം അവിടെ ഭദ്രമായിട്ടിരിപ്പുണ്ട് സർണ്ണം അദ്ദേഹം ചോദിക്കത്തില്ല എന്താണോ അവിദ്യ നിവൃത്തി ബ്രഹ്മം തന്നെ അതുപോലെ അപരോക്ഷ വ്യവഹാരോഗ്യത്വം എന്ന് പറയുന്നത് എന്താ ബ്രഹ്മം തന്നെ ബ്രഹ്മം പ്രവാസിക്കുന്നു ബ്രഹ്മത്തെക്കുറിച്ച് തന്നെ പറയുന്നു അത് അപരോക്ഷമാണ് യെസ് സാക്ഷാത് അപരോക്ഷ ബ്രഹ്മം തന്നെ അതാണ് സ്വരൂപത്വ ഞാന സ്വഭാവ സ്ത്മനോ വ്യവഹാര നിരൂപണീയത്വ സപ്രതിയോഗിക ആത്മാ എന്ന് പറയുന്ന അപരോക്ഷമാണ് അപരോക്ഷം എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ് വേറെങ്കിലും അപരോഷമെന്ന് പറയാൻ പറ്റില്ല അല്ലേ അത് അപരോക്ഷം എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിൻ്റെ വിശേഷമാണ് അപരോക്ഷം ജ്ഞാനം പറയുന്നു അങ്ങനെ പറയുന്നതിൽ മുമ്പ് പറയും അങ്ങനെ പറയുന്നതിനെ ശരിയല്ല കാരണം ഞാനപരോഷമാണെങ്കിൽ പിന്നെന്തിനാ നിങ്ങൾ അവരോഷം ഞാനോന്ന് പറയുന്നു ആ പറച്ചില് തന്നെ ശരിയല്ല അങ്ങനെ പറയാനേ പാടില്ല അപ്പൊ അങ്ങനെയുള്ള ആ ജ്ഞാനസ്വരൂപമായിരിക്കുന്ന ആ ബ്രഹ്മത്തിൽ വേറെ ഒന്നും വരാൻ പാടില്ല ബ്രഹ്മത്തിന്റെ സ്വരൂപം എന്താണോ ഏ ജ്ഞാനം ഇപ്പൊ നിങ്ങൾ എന്ത് പറയുന്നു യോഗ്യത്വം യോഗ്യത്വം അതിന്റെ സ്വരൂപമാണോ ശരിയാവും നേരത്തെ പറഞ്ഞു ജ്ഞാനമാണ് സ്വരൂപം ഇപ്പൊ പറയുന്നു യോഗ്യത്വം എന്ന് പറഞ്ഞ ജ്ഞാനത്തിൽ നിങ്ങൾ യോഗ്യത്വത്തെ കൊണ്ടുവന്നിട്ട് യോഗ്യത്വ സ്വരൂപമാണെന്ന് പറയുന്നു അത് എന്തിന്റെ യോഗ്യത്വം വ്യവഹാരയോഗ്യത്വം അപ്പൊ ഈ യോഗ്യത്വത്തെ അവിടെ കൊണ്ടുവരണമെങ്കിൽ എന്ത് വേണം വ്യവഹാരം വേണം അല്ലേ അപ്പൊ വ്യവഹാരം ഏ അപ്പോ രണ്ടു കാര്യങ്ങൾ വരും ഒന്ന് യോഗ്യത വ്യവഹാരം അപ്പൊ ഇത് രണ്ടും നമ്മളുടെ ബന്ധം എന്താണെന്ന് ചിന്തിക്കേണ്ടി വരും രണ്ടുണ്ടെങ്കിൽ ബന്ധം വരുമല്ലോ അപ്പൊ പറയേണ്ടി വരും സാധാരണ ഭാഷയിൽ പറയേണ്ടി വരും വ്യവഹാര നിരൂപിത യോഗ്യത ബ്രഹ്മത്തിൽ വന്നു ശരി ആ യോഗ്യത ബ്രഹ്മസ്വരൂപമായാലും അതിനൊരു നിരൂപകമുണ്ടല്ലോ എന്താണ് വ്യവഹാരം ഇപ്പം വ്യവഹാര നിരൂപിത യോഗ്യത യോഗ്യതായ നിരൂപകം ഭവതി വ്യവഹാരം ഇങ്ങനെ ഒരു സാധനം വരും ഇതിനാണ് പറയുന്നത് നിരുപ്യ നിരൂപക ഭാവം നിർധർമ്മകമായിരിക്കുന്ന ബ്രഹ്മത്തിൽ ഇങ്ങനെ ഒരു ഇടപാടുകൂടെ സ്വീകരിക്കേണ്ടി വരും അത് സാ ശരിയാണ് നിരുപ്യ നിരൂപക വരുന്നത് ശരിയല്ല അല്ല എന്താണ് പറയുന്നത് യോഗ്യത എന്തിന്റെ യോഗ്യത എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയണ്ടേ യോഗ്യത ബ്രഹ്മസ്വരൂപം തന്നെ എന്തിന്റെ യോഗ്യത വ്യവഹാര യോഗ്യത അപ്പോ വ്യവഹാരവും യോഗ്യതയും എന്താ വന്ന് രണ്ടു വന്നല്ലേ അദ്വീയമായിരിക്കുന്ന ബ്രഹ്മത്തിൽ വ്യവഹാരത്തെക്കൂടെ സ്വീകരിച്ച് അതിന്റെ യോഗ്യതയെ സ്വീകരിച്ച് ആ യോഗ്യതയെ സ്വരൂപമാക്കിയാലും അവിടെ മുഴച്ചു നിൽക്കുന്ന ഒരു സാധനമാണ് എന്ത് ഏ വ്യവഹാരം അതിനെ ഒഴിവാക്കാൻ പറ്റില്ല വ്യവഹാരത്തെ ഒഴിവാക്കിയാൽ പിന്നെ യോഗ്യതയുണ്ടോ വ്യവഹാരം വന്നാൽ എന്ത് വരുന്നു യോഗ്യത വരുന്നു വ്യവഹാരത്തെ ഒഴിവാക്കിയാൽ യോഗ്യതയില്ല അപ്പോൾ വ്യവഹാരത്തെ ആശ്രയിച്ചാണ് ബ്രഹ്മത്തിൽ യോഗ്യത വന്നത് ബ്രഹ്മസ്വരവും ആയിക്കൊള്ളട്ടെ പക്ഷെ അതിന് കാരണമായി എന്ത് ചെയ്യുന്നു വ്യവഹാരം അപ്പോൾ അതെന്താണ് അപ്പോൾ വ്യവഹാര നിരൂപ്യ യോഗ്യത വന്നു വ്യവഹാര നിരൂപകമായി അത് ബ്രഹ്മസ്വരൂപമായ അപ്പോൾ ഇവിടെ ബ്രഹ്മത്തിൽ എന്തോന്നും നിരുപ്യ നിരൂപക ഭാവം വന്നു വ്യവഹാരത്തെ ആശ്രയിച്ച് അങ്ങനെ ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ അദ്വൈതമായ ബ്രഹ്മസിദ്ധിക്കത്തില്ല കാട് കയറിക്കും ഒട്ടും അദ്വൈതി പ്രതീക്ഷിക്കാത്ത ഒരു സാധനമാണ് അവിടെ കടന്നു വന്നത് അദ്വൈതിക്ക് സമ്മതമാണോ സ്വൂപത്തെ ജ്ഞാനസ്വഭാവ ആത്മനോ വ്യവഹാരനിരൂപണീയ സതിയോഗിക സ്വരൂപത്വേജ്ഞാനസ്വഭാവത്മനോ വ്യവഹാര നിരൂപണീയത്വ സപ്രതിയോഗിക സപ്രതിയോഗികത്വം വരും സപ്രതിയോഗിത്വം വന്നാൽ മനസ്സിലായല്ലോ ഏതിനാണ് പ്രതിയോഗിതത്വം വരുന്നത് ഏ വ്യവഹാര നിരൂപണീയത്വം വന്നപ്പോഴാണ് ആത്മാവിൽ സപ്രതിയോഗിത്വം വന്നു എന്ന് പറഞ്ഞാൽ ഈ വസ്തു ഇവിടെ ഇരിക്കുന്നു ഇതിരിക്കുന്ന ആധ ആധാരം തിരന്തപുരം ഇത് ആധേയമായി അപ്പോൾ ഇവിടെ നമുക്ക് പറയേണ്ടി വരും ഈ ആധാ ആധാരത്തിൽ ആധാരത ആധേയം ഈ അധേയത രണ്ടെണ്ണം വന്നാലോ അതിന്റെ സമ്പത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും എവിടെ രണ്ടു വരുന്നോ സംബന്ധം ചിന്തിക്കേണ്ടി വരും അപ്പൊ ഇത് രണ്ടും നമ്മുടെ സംബന്ധം എന്താണോ നിരൂപ്യ നിരൂപക സംബന്ധം നിരൂപ്യ അപ്പോ അതിനെ പറയേണ്ടി ഈ ആധേയ നിഷ്ട ആധേയത നിരൂപിത ആധാരത കൂടവും തിരിച്ചും പറയാം ഈ ആധാര നിഷ്ഠ ആധാരത നിരൂപിത ഇനി നിങ്ങൾ പറയണു ഈ ആധാരത എന്ന് പറയുന്ന ഇത് തന്നെ ഇത് ഈ സ്വരൂപം തന്നെയാണ് അപ്പോ സ്വരൂപമായാലും അത് ആധാരം ആ ഇവിടെയുള്ള ആധാരത ആധാര സ്വരൂപമായിക്കോട്ടെ എന്നാലും ഇവിടെ ആദയമുണ്ടല്ലോ ആദയം എന്ന് പറയുന്നിവിടെ ഉണ്ട് രണ്ടാമതൊന്നുണ്ട് അതുകൊണ്ട് എന്തുവരും നിരുത്യ നിരൂപക സംബന്ധം ഒഴിവാക്കാൻ പറ്റത്തില്ല വീണ്ടും പറയേണ്ടി വരും എന്താണോ ആധാര സ്വരൂപമായ ആധാരത നിരൂപിത ആധേയത എന്ന് പറയേണ്ടി വരികയാണെങ്കിൽ ആധേയത നിരൂപിത ആധാര സ്വരൂപമായ ആധാരത ഈ നിരൂപ്യ നിരൂപക സംബന്ധം അവിടെ നിൽക്കും രണ്ടെണ്ണം വന്നുകൊണ്ട് അപ്പോ ഇവിടെ പറയുന്നു ഇവിടെ ബ്രഹ്മത്തിലാണ് വ്യവഹാര യോഗ്യത വന്ന് യോഗ്യത എന്താണ് ബ്രഹ്മസ്രൂപം തന്നെ എന്നുവെച്ചാൽ ജ്ഞാനം തന്നെ ബ്രഹ്മജ്ഞാനമാണ് അപ്പോൾ ജ്ഞാനം എന്തായി ഇവിടെ വന്ന വ്യവഹാരം അതാണ് നിരൂപകം ആ നിരൂപവുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നത് ഈ ജ്ഞാനം തന്നെ ജ്ഞാനവും ഈ വ്യവഹാരവും തമ്മിലൊരു ബന്ധം വരും അപ്പോൾ സംബന്ധം രണ്ടു തരത്തിലും വരുന്നുണ്ട് ഇവിടെ പറയുന്നു ഈ ആധേയതയുടെ നിരൂപകമാണ് ആധാരത ആധാരതയുടെ നിരൂപകമാണ് അതെ സംബന്ധം എന്ന് പറയുമ്പോൾ ഉപയോഗനിഷ്ടമാണ് ഒന്നിനും മാത്രം വരത്തില്ല ഇവിടെ പറയുക എന്താണ് ബ്രഹ്മം എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞു വ്യവഹാര യോഗ്യത അത് ബ്രഹ്മസ്വരൂപ ഞാനന്ദൻ അപ്പൊ അതെന്തായി വ്യവഹാരത്തിൻ്റെ നിരൂപകമായി അല്ലേ വ്യവഹാരത്തിൻ്റെ നിരൂപകമായി ഇപ്പോൾ സംബന്ധത്തിനൊരു പ്രത്യേകതയുള്ള എന്താണോ അത് ഉഭയനിഷ്ഠമായതുകൊണ്ട് അതിൽ സപ്രതിയോഗികത്വം വരും എന്നുവെച്ചാൽ ഒന്ന് അനുയോഗ്യം മറ്റൊന്ന് പ്രതിയോഗിയാകും അത് പൊതുവെ പറയും എത്ര സംബന്ധ അനുയോഗ്യം യസ്യ സംബന്ധ പ്രതിയോഗി എന്ന് പറയുന്നു അങ്ങനെ വരുമ്പോൾ ഇവിടെ വന്ന യോഗ്യത വാസ്തവത്തിൽ യോഗ്യതയും വ്യവഹാരവും തമ്മിലാണ് ബന്ധം ആ ബന്ധത്തിൽ രണ്ടുപേരും കക്ഷികളാണ് ഏത് യോഗ്യതയും ഇതിനിടയ്ക്കാണ് സംബന്ധം വരുന്നത് അപ്പോൾ സപ്രതിയോഗിത്വം വരും ആ സംബന്ധത്തിൽ അല്ലേ ആ സംബന്ധത്തിന് ഒന്ന് അനുയോഗികയാവും ഒന്ന് പ്രതിയോഗിയാവും പക്ഷെ ഇവിടെ അനുയോഗ്യം എന്ന് പറയുന്നത് ജ്ഞാനം തന്നെ എന്നങ്ങ് പറഞ്ഞു അവിടെ വേറെ സാധനം ഇല്ല അതുകൊണ്ട് ആ ജ്ഞാനം തന്നെ എന്തായി മാറും സപ്രതിയോഗികമാവും പ്രതിയോഗ ഉള്ളതായിത്തീരും ഞാനത്തന്നെ ജ്ഞാനത്തെ തന്നെ സപ്രതിയോഗികമായിട്ടെടുക്കേണ്ടി വരും ഒരു സംബന്ധം വന്നു സംബന്ധം വരുമ്പോൾ അനുയോഗ്യം പ്രതിയോഗിയും വരും ഏതിനെയും അനുയോഗ്യോ പ്രതിയോഗിയായിട്ട് എടുക്കാം അപ്പോ സമീപ വ്യവഹാര യോഗ്യതയെ അല്ല ജ്ഞാനമായിട്ട് എടുത്തത് യോഗ്യത തന്നെ സ്വയം ജ്ഞാനമായി അപ്പൊ യോഗ്യതയും തമ്മിലുള്ള ഇവിടെ അത് തന്നെ വ്യവഹാരതയും തമ്മിലാണ് സംബന്ധം വരുന്നത് ആ സംബന്ധം വരുമ്പോ ഒന്നുകിൽ യോഗ്യത അല്ലെങ്കിൽ വ്യവഹാരം ഇതിലേതെങ്കിലും ഒന്ന് എന്താവണം അനുയോ അനുയോഗ്യല്ലെങ്കിൽ പ്രതിയോഗിയാവണം അപ്പൊ സംബന്ധം എന്ന് പറയുന്നത് എന്തായി പ്രതിയോഗിക ഉള്ളതായി തീരും ഇവിടെ ഇപ്പം എന്ത് ചെയ്തു ആ യോഗ്യതയെ തന്നെ ജ്ഞാനമായിട്ടെടുത്തു സാധാരണ അങ്ങനെ വരില്ല കാരണം രണ്ടെണ്ണം വന്നു കഴിഞ്ഞാൽ അല്ല അല്ലേ സംബന്ധം വരുത്തുള്ളൂ ഇല്ലേ ഇവിടെ അതിൽ ഒന്നിനെ ജ്ഞാനമായിട്ടെല്ലാം അങ്ങ് എടുത്തു ജ്ഞാനമായിട്ടെടുത്ത് കഴിയുമ്പം സാധാരണ സ്ഥലത്ത് സംബന്ധം സപ്രതിയോഗികമാകും ഇവിടെ എന്ത് ചെയ്തു ആ ജ്ഞാനം തന്നെ സപ്രതിയോഗികമായി കാരണം അവിടെ ജ്ഞാനത്തോട് സംബന്ധത്തെ സ്ഥാപിക്കാൻ വേണ്ടി ഒരു വ്യവഹാരം നിൽക്കിരുന്നു അപ്പോൾ ആ വ്യവഹാരത്തെ തന്നെ പ്രതിയോഗിയായിട്ടെടുത്ത് അപ്പോ എന്തായി ജ്ഞാനം സപ്രതിയോഗിയായി ഞാനെന്താ സപ്രതിയോഗിയായി മാറി യോഗ്യതയെടുത്തു കഴിഞ്ഞാൽ അപ്പൊ ജ്ഞാനം എന്ന് പറയുന്നത് ആ വ്യവഹാര ജ്ഞാനത്തിന്റെ പ്രതിയോഗിയെന്നോ അല്ലെങ്കിൽ ആ സംബന്ധം ജ്ഞാനത്തിന്റെ പ്രതിയോഗിയെന്നോ പറയാം സപ്രതിയോഗികമാവും എന്തായാലും ജ്ഞാനം എന്താവും സപ്രതിയോഗികമാകും അത് വ്യവഹാര ദ്വാരാ സപ്രതിയോഗം എന്ന് പറയാം അല്ലെങ്കിൽ വ്യവഹാരവും ജ്ഞാനവും തമ്മിലുള്ള സംബന്ധം കൊണ്ട് ജ്ഞാനത്തെ തന്നെ സപ്രതിയോഗം എന്ന് പറ അങ്ങനെ ഒന്നുണ്ട് സാധാരണ പറയുന്നെന്നും അല്പര് വ്യത്യാസം സാധാരണ സംബന്ധത്തിന് ആണെന്ന് പറയുന്നത് സപ്രതിയോഗം പ്രതിയോഗം ഉള്ള സംബന്ധം പക്ഷെ ഇവിടെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്ഞാനത്തെ തന്നെ യോഗ്യതയായിട്ടങ്ങ് സ്വീകരിച്ചു അപ്പോൾ ജ്ഞാനം നിർധർമ്മകമായിരിക്കേണ്ട ജ്ഞാനത്തിന് പ്രതിയോഗി വന്നു എന്ത് ഒന്നുകിലാ സംബന്ധം അല്ലെങ്കിൽ വ്യവഹാരം സപ്രതിയോഗ്യമായി അതുകൂടെ പറയുന്നത് എന്താണ് സ്വരൂപത്യീജ ഞാന് സ്വഭാവസി ആത്മനോ ഞാന് സ്വഭാവമാണ് ആത്മാ നേരത്തെ പറഞ്ഞു കഴിയുക സ്വപ്രകാശിതാത്മന എന്ന് പറഞ്ഞത് കൊണ്ട് വ്യവഹാര നിരൂപണീയത്വ അതിലെന്ത് വന്നോ വ്യവഹാര നിരൂപണീയത്വം വന്നു വ്യവഹാരവും ജ്ഞാനവും തമ്മിൽ നിരൂപ്യ നിരൂപക സംബന്ധം വന്നു അതുകൊണ്ട് വാസ്തവത്തിൽ വരേണ്ടത് യോഗ്യതയ്ക്കാണ് പക്ഷെ ആ യോഗ്യതയെ സ്വരൂപമായി സ്വീകരിച്ചതുകൊണ്ട് ജ്ഞാനമായി സ്വീകരിച്ചുകൊണ്ട് ജ്ഞാനത്തിൽ എന്ത് വന്നു വ്യവഹാര നിരൂപണിയത്വം വന്നതുകൊണ്ട് ഇവിടെ സപ്രതിയോഗികത്വം വന്നു ജ്ഞാനം തന്നെ എന്തായി മാറി ഒരു പ്രതിയോഗിക ഉള്ളതായി വ്യവഹാരം വന്നപ്പോൾ ജ്ഞാനത്തിന് എന്നുവെച്ചാൽ ജ്ഞാനം തന്നെ രണ്ടാമതൊന്നുള്ളതായി എന്ന് ചുരുക്കം സംബന്ധവും വന്നോ വ്യവഹാരവും വന്നോ സപ്രതിയോഗിത്വ ഇത് പുറമേ ഒന്നിനെ ആശ്രയിച്ച് ജ്ഞാനത്തിൽ മറ്റൊരു ധർമ്മം വരുന്നുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് ഞാനത്ത് ഞാനത്തൊന്നാ ഈ ദോഷമല്ലേ എന്തുകൊണ്ട് പ്രമേയം എന്നൊന്നും എന്നെ ആശ്രയിച്ചല്ലാതായിരുന്നു ഞാനത്തൊന്നിച്ച ഞാനും സ്വഭാവം പക്ഷെ ഇവിടെ അങ്ങനെയല്ല മറ്റൊന്നിനെ സ്വീകരിച്ച് അതിനെ ആശ്രയിച്ചിട്ട് എന്ത് വന്നു അവിടെ ഒരു ധർമ്മം വന്നു ആ ധർമ്മത്തെ പിന്നെ എന്തായി അതായു സ്വീകരിച്ചു അതായു സ്വീകരിച്ചതുകൊണ്ട് ഏതിനെ ആശ്രയിച്ചാണോ അതില്ലാതാവൂ ജ്ഞാനത്തെ രക്ഷപ്പെടുത്താനാണ് എന്തു ചെയ്തത് ജ്ഞാനത്തിൽ ധർമ്മമൊന്നുമില്ല എന്തുകൊണ്ട് പറഞ്ഞു ഇവിടെ വന്ന യോഗ്യത എന്ന് പറയുന്നത് ജ്ഞാനം തന്നെ ആ ഭാഗം ഓക്കെ പക്ഷെ അതുകൊണ്ട് വ്യവഹാരം ഇന്നതാകുന്നുണ്ടോ എന്തിൻ്റെ യോഗ്യതാന്ന് ചോദ്യം വരും അത് ഇന്നതാണെന്ന് പറയുന്നു അത് പ്രതിയോഗിയായി ശത്രുവായി അല്ലേ അപ്പം ഒരു പ്രതിയോഗി വന്നു അപ്പൊ ഞാനെന്തായി സപ്രതിയോഗികമായി ശത്രുവാ ഏഹ് ജ്ഞാനത്തില് എന്ത് വന്നാലും ശത്രുവാണ് ഒന്നും അവിടെ വരാൻ പാടില്ല ഞാനെന്ന് പറയുന്ന നിർഗുണനിരാകാരം അല്ലേ പ്രതിയോഗിന്ന് പറയാൻ സാധാരണ ശത്രുന്ന് പറഞ്ഞു ആർത്ഥവും വരും അങ്ങനെ എല്ലാ സംബന്ധങ്ങളിലും പ്രതിയോഗിച്ചു അല്ല ഇവിടെ ബ്രഹ്മത്തെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മത്തിന്റെ നിർഗുണത്വത്തെ ഭജിക്കുന്ന മറ്റൊരു സാധനം വന്നിന്റെ ബ്രഹ്മത്തിന്റെ ഏകത്വത്തെ ഇല്ലാതാക്കുന്ന മറ്റൊന്നും ഒന്നില്ലേ അത് അദ്വൈതത്തിന്റെ ശത്രുവാണ് പ്രതിയോഗി എന്ന് പറഞ്ഞ സാധന ശത്രുന്ന് തന്നെ പിന്നെ സംബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ അനിയോഗിക പ്രതിയോഗ എന്നുള്ള സാങ്കേതികമായി പറയും ഇവിടെ അതുമാണ് എന്ന ശത്രുവാണ് രണ്ടുമാണ് കഴിഞ്ഞോ അതുകൊണ്ട് പറയുന്നു എന്താണ് സ്വരൂപത്തിൽ ആത്മനോ വ്യവഹാര നിരൂപണീയത്വ സപ്രതിയോഗിക തന്നെ പശ്യാമ്രകാരം എന്താണോ സുപ്രകാശലക്ഷണം രക്ഷയില്ല നിങ്ങൾ പറഞ്ഞ എല്ലാ ക്ഷണങ്ങളിലും ദോഷമുണ്ട് എല്ലാ ദോഷങ്ങളെയും വ്യക്തമായി കാണിച്ചു ഇനി എന്തെങ്കിലും ലക്ഷണം പറയാനുണ്ടെങ്കിൽ പറയുക അതിനും ദോഷത്തെ കാണിച്ചു ദോഷം കാണിക്കണമെന്ന് വിചാരിച്ചാൽ എന്തിനും ദോഷം കാണിക്കും ശരിയാക്കണമെന്ന് വിചാരിച്ചാൽ എന്തിനേയും ശരിയാക്കുകയും ചെയ്യാം അതാണ് തർക്കത്തിൻ്റെ ഒരു സ്വഭാവം പിന്നെ ഈ ദോഷങ്ങളെല്ലാം കാണിക്കുന്നത് എന്താണ് അന്നത്തെ വാദരീതികൾ അനുസരിച്ചിട്ടാണ് സ്വപ്രകാശത്തെക്കുറിച്ച് ഇന്നത്തെ വിജ്ഞാനമൊന്നും അന്നില്ല അന്ന് ആത്മാവിനെ കുറിച്ചും പദാർത്ഥങ്ങളെക്കുറിച്ചും എല്ലാം ചിന്തിച്ചിരുന്ന ഒരു രീതിയാണ് തർക്കനും മീമാംസകനും എല്ലാം ചിന്തിച്ചിരുന്ന ഒരു രീതി അപ്പം ആ രീതിയിൽ അദ്വൈതി ബ്രഹ്മത്തെക്കുറിച്ച് പറയുമ്പോൾ ചോദ്യം ചെയ്യും അവരുടെ കരിത്തി അതുകൊണ്ടാണ് ഈ പൂർവ്വ വർഷങ്ങളൊക്കെ പറയുന്നത് ഇന്ന് ഇന്നത്തെ ഈ പൂർവ്വവർഷങ്ങൾക്കൊന്നും വലിയ വിലയൊന്നുമില്ല കാരണം ഇന്നുള്ള മനുഷ്യർക്ക് ഈ വിഷയങ്ങളെ കുറിച്ചുള്ള ചിന്താഗതി ഒക്കെ വേറെ ആയിരിക്കും അപ്പോൾ ഇന്നീ പറയുന്ന പൂർവർഷങ്ങൾക്ക് പ്രസക്തിയില്ല എന്നർത്ഥം ഞേ ഇപ്പോ ദ്രവ്യം ഗുണം എന്നുള്ള ഒരു വിഭജനം ഇന്നത്തെ വിജ്ഞാനത്തിലുണ്ടോ അന്ന് അവർ ജീവിതത്തിലുള്ള ഒരു വിജ്ഞാനമില്ല ആത്മാവ് ജ്ഞാനം അതിൻ്റെ ബന്ധം വ്യവസായം അനുവ്യവസായം ഇതിനുള്ള എല്ലാ വിഭജനങ്ങളും അന്നത്തെ ചിന്താഗതി അനുസരിച്ചിട്ടാണ് അതിൽ അവ്യാപ്തി അതിവ്യാപ്തി ദോഷങ്ങളെല്ലാം പറയുന്നത് ആ കാലഘട്ടത്തിൽ ഒരു ചിന്താഗതിക്കനുസരിച്ചിട്ടാണ് ഇന്ന് ഇതിന് യാതൊരു ഈ പൂർവങ്ങൾക്കൊന്ന് യാതൊരു സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ താല്പര്യം ഇന്നത്തെ കാലത്ത് ആത്മാവിൻ്റെ സുപ്രകാശത്തെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യാൻ പോയാ ഇത്തരം തർക്കവിതർക്കങ്ങൾക്കൊന്നും കാലാനുസൃതമായ പ്രസക്തിയില്ല ഉണ്ടോ അതൊന്നുമില്ല നിങ്ങൾ ആരോടെങ്കിലും സ്വപ്രഭാവശ്യം പറഞ്ഞിട്ട് താർക്കികം എങ്ങനെ പറഞ്ഞു പ്രാഭകരം അങ്ങനെ പറഞ്ഞു എന്ന് പറയാം അനുഭവിക്കുകയാണ് ഞങ്ങൾക്ക് എന്താണെന്ന് കാരണം ഇന്നത്തെ ചിന്താഗതിയുമായിട്ടൊന്നും യോജിക്കുന്നല്ലോ പിന്നെ എന്തിനു നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നു അങ്ങനെ ഇതിലൂടെ ആത്മതത്വം നിർണ്ണയിക്കാൻ പറ്റുമല്ലോ ഏ മാർ ഈ ചർച്ചകളിലൂടെയും ആത്മതത്വത്തിനെ കുറിച്ചുള്ള വ്യക്തത ഉണ്ടാകും ഈ തത്വത്തിലൂടെ നമുക്ക് ഈ പറയുന്ന പൂർവക്ഷങ്ങൾക്കൊന്നും തന്നെ ഒന്ന് പറഞ്ഞ ഒരു പദാർത്ഥ വിഭജനം തരക്കിയ അതിന്റെ അടിസ്ഥാനത്തില ചർച്ച ആ പദാർത്ഥ വിഭജനം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മനുഷ്യനുണ്ടോ അപ്പം പിന്നെന്താ ഇന്ന ആ ചർച്ചയിൽ ഉപയോഗം ഒരു അഭ്യാസമാണ് ഇങ്ങനെയുള്ള പദാർത്ഥ വിഭജനം ഉണ്ടെന്ന് ആദ്യം മനസ്സിലാക്കി അതിനനുസരിച്ച് ചർച്ച ചെയ്തിട്ടെത്തുമ്പോൾ കൂടുതൽ അങ്ങനെയാണെങ്കിൽ ചെയ്യണം ഇന്നത്തെ വിജ്ഞാനം അനുസരിച്ച് ചർച്ച ചെയ്യണം എന്തിനാ പഴയ വിജ്ഞാനം അനുസരിച്ച് ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിയുടെ എക്സർസൈസാണ് ആവശ്യമെങ്കിൽ ഇതേ സ്വയംപ്രവാസം എന്ന് പറയുന്ന ഇന്നത്തെ വിജ്ഞാനം അനുസരിച്ച് ചർച്ച ചെയ്യണം ആധുനിക വിജ്ഞാനത്തിന്റെ വെളിച്ചത്ത് ചർച്ച ചെയ്യണം സ്വയംപ്രവാസം എന്ന് പറയുന്ന ഒരു തത്വത്തെ സ്വീകരിച്ചുകൊണ്ട് ഈ പഴയ സമവായവും അസമവായവും ഒക്കെ വെച്ചുകൊണ്ട് ചർച്ച ചെയ്തിട്ട് ഇതാരെ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന ഇങ്ങനെയുള്ള പൂർവപക്ഷികളില്ല ഏഹ് പൂർവ്വക്ഷ ഇല്ല അപ്പൊ പിന്നെ ഈ ചർച്ചക്ക് ഇന്നത്തെ കാലത്ത് എന്താ എന്നാണ് ചർച്ച ചെയ്തിട്ട് ഞാൻ ചോദിക്കുന്നത് അത് ശരി ചർച്ച ചെയ്താൽ അത് തന്നെ നിൽക്കും ഞാൻ ചോദിക്കുന്നതിൻ്റെ പ്രയോജനം അത് സാധാരണ നമ്മൾ ഏത് വിഷയത്തിൽ ചർച്ച ചെയ്താലും മനസ്സോടെ നിക്കും സമയം നിൽക്കുന്നതിന് ശരി ഇതെന്ന് പറയുന്ന ഈ ചർച്ച എന്ന് പറയുന്നത് ഒരാളുടെ മനസ്സിനെ നിർത്താൻ വേണ്ടിയിട്ടുള്ളതല്ല തത്വം ആ തത്വം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രതിവാദികളുടെ ആശയങ്ങളുമായിട്ട് ചിന്തിച്ച് തത്വനിർണ്ണയത്തിലെത്താൻ അപ്പൊ ഇന്ന് ഇതിന്റെ പ്രയോജനം എന്തൊന്നുമെന്ന് പറഞ്ഞ അതുകൊണ്ട് ഇന്നത്തെ രീതി മനസ്സിലാക്കുമോ അതെയതന്നെ ഞാൻ പറയുന്നത് ഇന്നത്തെ രീതിയിൽ മനസ്സിലാക്കണമെന്നുണ്ടിക്സ് എന്ത് ഫിസിക്സാണോ എനിക്കറിയത്തില്ല ഇന്നത്തെ രീതിയിൽ അല്ലേ മനസ്സിലാക്കേണ്ടതെന്ന ഞാൻ ചോദിക്കുന്നു അങ്ങനെ പറയാൻ പറ്റില്ല കാരണം ഈ ചിന്താ രീതികൾ എന്നൊക്കെ പറയുന്ന പൌരത്യവും പാശ്ചാത്യവുമായിട്ടുള്ള ചിന്താ രീതിക്ക് വ്യത്യാസമാണ് നമ്മൾ ഈ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് സ്വീകാര്യമായി വരത്തില്ല അവരുടെ ചിന്താരീതി വേറെയാണ് ലോജിക് എന്ന് പറയുന്ന തർക്കവും രണ്ടാണ് ചിന്താ മാറിയെന്നാണോ അത് നമ്മൾ പറയുന്ന ആ മെത്തേഡ് എല്ലാം മറ്റുള്ളവർ സ്വീകരിച്ചിരിക്കുന്നു രണ്ടു തമ്മിൽ വ്യത്യാസം എന്നുവെച്ചാൽ പാശ്ചാത്യ തത്വചിന്തയിൽ ഒരിക്കലും നമ്മൾ ചിന്താ രീതിയല്ലേ സ്വീകരിച്ചിരിക്കുന്നത് രണ്ടു ഒന്നോണം നേരം പറയത്തില്ല അതിനെക്കുറിച്ച് സാമാന്യമായ അറിവുള്ളവർ രണ്ട് രണ്ട് രീതിയിലാണ് പോകുന്നത് അതുകൊണ്ടാണ് നമ്മളിത് എത്ര പഠിച്ചാലും നമുക്ക് പാശ്ചാത്യ ചിന്താ രീതി മനസ്സിലാവില്ല എത്ര പഠിച്ചാലും നമ്മളത് മനസ്സിലാകത്തില്ല രണ്ടും രീതിയല്ല ഏ ഇല്ല അത് പറ്റില്ല അത് പ്രത്യേകം പഠിച്ചാലേ പറ്റും തർക്കം പഠിച്ചിട്ടൊരാൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റില്ല അത് പഠിച്ച ഒരാൾക്ക് ഇതും മനസ്സിലാക്കാൻ പറ്റും രണ്ടും പ്രത്യേക സ്കൂളാണ് പ്രത്യേകം പ്രത്യേകം പഠിച്ചാലേ പറ്റും അതാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നതാണോ ഇന്നെന്ത് പ്രയോജനമെന്ന് അതങ്ങനെയാണെങ്കിൽ ചരിത്രം പഠിച്ചാൽ പോരെ അതായത് ഇത് ഇപ്പോൾ അദ്വൈതി പറയുന്ന തരത്തിലുള്ള അദ്വൈതി അവതരിപ്പിക്കുന്ന സ്വയം പ്രകാശം അതെന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇതെല്ലാം വേറെ ഒരു വഴിയും അദ്വൈതി പറയുന്ന സ്വയം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്തുകൊണ്ട് അദ്വൈതി ഏത് പൂർവ്വപക്ഷങ്ങളെ നിഷേധിച്ചിട്ടാണോ അതിനെ ആ രീതിയിലല്ലാതെ മനസ്സിലാക്കാൻ പറ്റത്തില്ല ഇന്ന് നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ പുതിയ മാർഗങ്ങൾ കഴിയുമെങ്കിൽ സ്വീകരിക്കാം പക്ഷെ ആദ്യം മനസ്സിലാക്കണ്ടേ അദ്വൈതി നിയോ അദ്വൈതി അല്ലല്ലോ എന്നുവെച്ചാൽ ഈ ഗ്രന്ഥങ്ങളിൽ ഈ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സ്വയം പ്രകാശം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ ഈ ചർച്ചയെ പിന്തുടർന്നാലേ പറ്റൂ ഈ സിദ്ധാന്തവും ഈ പൂർവക്ഷവും ഉണ്ടായാലേ പറ്റൂ അതിന് വേറെ ഒരു വഴിയും ഇല്ല അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഇന്നത്തെ കാലത്തിനനുസരിച്ച് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും തരത്തിൽ അവതരിപ്പിക്കുന്നവർ വിജയിച്ചാ നല്ലത് അതിന് ഇന്നത്തെ കാലത്തെ വാതകളെല്ലാം പഠിക്കണ്ടേ ഏത് പുതിയ അതെന്റെ പറഞ്ഞ കഴിയുമെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നുണ്ട് അങ്ങനെ ഒരാൾക്ക് കഴിയുമെങ്കിൽ ഇതേപോലെ ഇതേ ഒരു രീതി പക്ഷെ അങ്ങനെ കഴിയുന്നതിന് എന്ത് വേണം അദ്വൈതിയുടെ സ്വപ്രകാശം എന്താണെന്നുള്ളത് മനസ്സിലാകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നിത് അവതരിപ്പിച്ചപ്പോൾ അന്നത്തെ എന്താണോ പൂർവ്വപക്ഷ ചിന്താഗതികളെല്ലാം സ്വീകരിച്ച് നിഷേധിച്ച് അവരുടെ സിദ്ധാന്തത്തെ ഉറപ്പിച്ച് ഈ രീതിയിലല്ല ഇത് മനസ്സിലാക്കാൻ വഴിയില്ല വേറെ എന്താണ് എന്തല്ല എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഈ ഗ്രന്ഥങ്ങൾ അധ്യയനം ചെയ്താലേട്ട് വേറെ ഒരു വഴിയുണ്ട് ടൂൾസ് ഇതേ ഉള്ളൂ ഏഹ് വേറെ ഒന്നുമില്ല ഇല്ലെങ്കിൽ എന്ത് വേണം ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ഇതൊക്കെ ശരിക്കും മനസ്സിലാക്കിട്ട് ഇന്നത്തെ ചിന്താഗതി അനുസരിച്ച് ഇത് അദ്വൈതത്തെ ഇതുപോലെ അവതരിപ്പിച്ച് അവതരിപ്പിച്ച ഗ്രന്ഥങ്ങൾ വേണം എന്നാൽ പറ്റും അപ്പം നമ്മളത് മനസ്സിലാക്കിയാണ് പക്ഷെ അതിന് വരുന്ന ഒരു പ്രശ്നം ഇന്ന് അദ്വൈതത്തെ പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവർക്ക് വാദഗ്രഹങ്ങളില്ല ഈ കാര്യങ്ങൾ ഒട്ടുമിക്കവാറും അറിയത്തില്ല അവതരിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ടോ ഇല്ല ഏഹ് ആധുനികമായ വാദങ്ങളാണെങ്കിൽ പോലും ആ വാദരൂപത്തിൽ അവതരിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ടോ ആധുനികമായ ഗ്രന്ഥങ്ങൾ ഇല്ലയെന്ന് പറയാൻ പറ്റത്തില്ല ആധുനികമായ ഗ്രന്ഥങ്ങൾ അങ്ങനെ എഴുതാൻ ചിലർ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അത്തരം ഗ്രന്ഥങ്ങൾ എന്നെപ്പോലെ ഒരാൾക്ക് പ്രയോജനപ്പെടത്തില്ല കാരണം എന്തുകൊണ്ട് ആധുനികമായ ചിന്താവാദഗതികളോട് അങ്ങനെ ആഴത്തിലുള്ളൊരു പരിചയം എനിക്കില്ല സാമാന്യം ഞാനുണ്ട് അതുപോലെ അത് മനസ്സിലാക്കാൻ വലിയ പ്രയാസമാണ് അത് ശരിക്കും മനസ്സിലാക്കണം അത് മനസ്സില് പക്ഷേ അങ്ങനെ എഴുതുന്നതാണ് ഒരാൾക്ക് എഴുതാൻ പറ്റും അദ്വൈതത്തിൻ്റെ ഒരു സാമാന്യജ്ഞാനം കൊണ്ട് ആധുനിക ചിന്തകൾ എല്ലാം പക്ഷേ അതുപോലെ അദ്വൈതത്തെ സംബന്ധിച്ച് എങ്ങനെയാണോ ഇതൊക്കെ ആ രീതിയിലത് മനസ്സിലാക്കും സൂക്ഷ്മമായിട്ട് കാരണം രണ്ട് രീതിയിലായാലും രണ്ടിടത്തും ബുദ്ധിയുടെ സൂക്ഷ്മത ആവശ്യമാണ് തത്വനിർണ്ണയത്തിന് ഇപ്പൊ രണ്ടിലും ഒരുപോലെ പരിചയമുള്ള ഒരാൾക്ക് മാത്രമേ ആ രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റൂ അല്ലാതെ ഇന്ന് അവതരിപ്പിച്ചിരിക്കുന്നവർ ഈ പഴയതിനെ ഉൾക്കൊണ്ടിട്ടാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ഏഹ് നാസികന്മാരുണ്ട് ബൌദ്ധന്മാരെന്ന് പറയുന്നത് നാസികന്മാരാണ് ഓരോരോ വലിയ പൂർവ്വപക്ഷിയാണ് എങ്ങനെ അല്ല ആസ്തികൻ നാസ്തികമെന്ന് പറഞ്ഞോണ്ട് പറഞ്ഞു അത് വേറെ വിഷയം അദ്വൈതത്തെ സംബന്ധിച്ച് ആസ്തികനായാലും നാസ്തികനായാലും പുനർജന്മത്തി കാർക്കികൻ എന്ന് പറയുന്ന ആസ്തികനാണ് ബൗദ്ധൻ നാസ്തികനാണ് ആ രീതിയിൽ വേണം നമ്മളത് പുനർജന്മത്തെ അംഗീകരിച്ചോ ദേവന്മാരെ അംഗീകരിച്ചോ എന്നുള്ള അങ്ങനെ വരുമ്പോ അവരെയും പരിഗണിക്കണം ബൗദ്ധന്മാർ ആത്മീയവാദികളാണ് പക്ഷെ ഒരു നാസ്തികനാണ് അങ്ങനെ പറയാൻ പറ്റും നാസ്തികനും നേരാത്മീയവാദിയും ആയിരിക്കുന്ന ചാർഭാഗം ഉം അത് പിന്നെ ആത്മാവിനെ വിശദീകരിക്കുമ്പോൾ അവർ അഭിപ്രായ വ്യത്യാസം എന്താണ് ആത്മാവ് ഏ ആത്മാവിനെ അംഗീകരിക്കുന്നില്ല അംഗീകരിച്ചാൽ തന്നെ ശരീരമാണ് ആത്മാവെന്ന് പറയും ഏ ഉ ഈ രീതിയിൽ അല്ലാതെ തന്നെ ഒരാൾക്ക് അത് പറഞ്ഞല്ലോ ശ്രവണത്തിൽ നിന്നൊരാൾക്ക് തത്വം നിർണ്ണയമുണ്ടെങ്കിൽ പിന്നെ മനനത്തിന്റെ ആവശ്യമില്ല ഉണ്ടോ ശ്രവണത്തിൽ നിന്ന് അങ്ങനെ ചിന്തിച്ചാൽ ഇതിൻ്റെ ആവശ്യമില്ല ഒരു ശാസ്ത്രത്തിൻ്റെ ആവശ്യമില്ല അത് നേരത്തെ പറഞ്ഞല്ലോ അത് മനസ്സി വെച്ചുകൊണ്ട് വേണം ചിന്തിക്കാൻ ഇത് എപ്പോഴാണ് ഇതിൻ്റെ ആവശ്യം വരുന്നത് നിങ്ങളുടെ തത്വനിർണ്ണയത്തെ ആരെങ്കിലും ക്ഷോഭിപ്പിക്കുകയാണ് അപ്പോ എന്റെ നിർണയത്തിൽ വികല്പങ്ങൾ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഇതിന്റെ ആവശ്യം എന്തെങ്കിലും ആവശ്യം കാരണം ഈ തത്വത്തിന് നമ്മള് എത്തിച്ചേർന്ന തത്വത്തിനെതിരെ ഒരാൾ എന്തെങ്കിലും പറഞ്ഞോ ദേഷ്യം വരുന്നതും തത്വനിർണ്ണയത്തിൽ ദോഷമാണോ ഏ അത് ദേഷ്യം വരുന്നത് ചെറിയൊരു എന്താണ് സാന്ദർഭികമല്ലാതെ ആവശ്യത്തിന് മനുഷ്യന് ദേഷ്യം വരുന്നതൊക്കെ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ് ചിലടത്തിൽ ദേഷ്യം ആ ദേഷ്യം സന്ദർഭ്യം അല്ലെങ്കിൽ ഒരു ചെറിയ മാനസികമായ പ്രശ്നം ഇതുമായിട്ടൊന്നും ഒരു ബന്ധമല്ല ഈ വിഷയത്തിൽ മാത്രം അല്ല അത് ബാക്കിയുള്ള സമയം ബാക്കിയുള്ള വിഷയങ്ങൾ നമ്മൾ അതുപോലെ ഇടപെടാത്തോണ്ടാണ് നമ്മളീ കാര്യത്തിൽ ഇടപെടുന്നത് ബാക്കി ഏത് വിഷയത്തിലും ഇടപെടുന്നവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അത് അങ്ങനെ അനവസരത്തിൽ ദേഷ്യം വരിക എന്ന് പറയുന്ന മാനസിക പ്രശ്നമാണ് ആധുനിക മനഃശാസ്ത്രം അനുസരിച്ച് അതിന് തത്ത് ബന്ധമുണ്ട് അപ്പോ നമുക്ക് ഈ തരത്തിൽ നമുക്ക് ഭക്ഷ്യകാരന് ശേഷം എഴുതിയാണ് പക്ഷുകാരന്റെ തത്വ നിർണയത്തെ പലരും ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പോ അവരുടെ ചോദ്യത്തിനനുസരിച്ച് മറുപടി അതാണ് ഇത് വരുന്നത് അപ്പോ അത് കൂടുതൽ വ്യക്തമാകും ആ ചോദ്യത്തിനനുസരിച്ചുള്ള മറുപടി നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചോദ്യം ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ ഒരു മറുപടിയായിട്ട് ആവശ്യമില്ല നമ്മൾ ഉറച്ചിരിക്കാദിയായ സ്വാമി ിയുടെ അടുത്ത് ബ്രഹ്മത്തെ കുറിച്ച് തർക്കിക്കാൻ പോയി കഴിഞ്ഞാ ഇടക്കിടക്ക് ചിലയിടത്ത് സ്വാമിക്കും ഉത്തരം മുട്ടും പുറമേയും കാണിക്കത്തില്ല ഉത്തരം മുട്ടിക്കും അപ്പോ പിന്നെ വീട്ടിൽ വന്നു തന്നെ ചിന്തിക്കേണ്ടി വരും അയാൾ പറഞ്ഞാൽ എന്ത് സമാനമാണ് പറയേണ്ടത് അല്ലേ നമ്മുടെ അനുഭവം ഞാൻ പ്രത്യേകിച്ച് വ്യക്തികളെ ഉദ്ദേശിച്ചല്ലോ പറഞ്ഞു പക്ഷെ അവിടെ തത്വനിർണ്ണയത്തിലട്ടാതെയും ഇതിന്റെ ഉത്തരവിക്കേണ്ടത് ഏഹ് തത്വനിർണ്ണയത്തില് ഇളക്കം തട്ടാതെയും ഇതിന്റെ ഉത്തരവാദിത്വം അന്വേഷിക്കേണ്ട അവസ്ഥ ഉണ്ടാവും ഈ വാദത്തിൽ ജയിക്കാൻ വേണ്ടി മാത്രം അല്ല വാദത്തിന് പോകുമ്പോ വികൽപ്പം വന്നെന്ന് പറഞ്ഞ തത്വത്തെ സംബന്ധിച്ചത് വേറെ എന്താ വികൽപ്പം മറ്റു വിഷയമല്ലോ ചർച്ച ചെയ്യുന്നു ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ എന്തായിരിക്കും അങ്ങനെ ഒരു വികൽപ്പം തൻ്റെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അതിന് സമാധാനം കണ്ടെത്താനെന്ന് തോന്നുന്നു അല്ല ഇനി അങ്ങനെ ചോദ്യം ചോദിച്ച മനസ്സിൽ അങ്ങനെ ഒരു വരുന്നില്ല തത്വത്തെ സംബന്ധിച്ച് വികല്പല്ല ഇപ്പം മറ്റു വിഷയങ്ങളെ ചോദിച്ചു കഴിഞ്ഞാൽ വികല്പം വരാം അത് സ്വാഭാവികമാണ് പക്ഷേ തത്വത്തെ സംബന്ധിച്ച് അയാൾക്ക് വരുന്നില്ലെങ്കിൽ ദോഷമൊന്നുമില്ല പക്ഷേ വാദിക്കാൻ പോവുകയും താൻ ധരിച്ചു വച്ചിരിക്കുന്ന തത്വത്തെ സംബന്ധിച്ച് വല്പം വരുമ്പോഴാണ് ഞാൻ ഈ പ്രശ്നം പറയുന്നത് അപ്പോൾ പല വിഷയങ്ങളും നമുക്കറിയില്ലായിരിക്കും ചോദിച്ചാൽ എനിക്കറിയില്ല പ്രശ്നമൊന്നുമില്ല ആ തത്വത്തെ സംബന്ധിച്ചല്ലോ ഞാൻ വാദപ്രതിവാദത്തിന് പോകുന്നു എന്നോട് മാത്സും സയൻസും ഒക്കെ ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റും എനിക്ക് പറയാൻ പറ്റില്ല അപ്പം എനിക്കറിയാം അത് തത്വസംബന്ധിയായ കാര്യമല്ല പിന്നെ അതെനിക്ക് പഠിക്കേണ്ട ആവശ്യമില്ല എനിക്കറിയില്ല സർവജ്ഞനല്ല പക്ഷേ തത്വത്തെ സംബന്ധിച്ച് എൻ്റെ മനസ്സിൽ ഇളക്കം വന്നു കഴിഞ്ഞാൽ ഇളക്കിയാൽ മറ്റൊരാൾ അവിടെയാണ് ഇതിൻ്റെ ആവശ്യങ്ങൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ സമാധാനം ഒരു നീതാണ് അതുകൊണ്ട് തത്വനിർണ്ണയം എന്നുള്ള രീതിയിൽ അതിനെ ഈ പഴയ ഗ്രന്ഥങ്ങളെ ആശ്രയിക്കും പക്ഷെ ഇന്നിത് അവതരിപ്പിക്കുമ്പം ഈ കൂറുവർഷങ്ങൾ ആവശ്യമുള്ളവരുടെ മുമ്പിൽ മാത്രമേ ഇത് പറഞ്ഞിട്ട് കാര്യവും അല്ലാത്തവരുടെ അടുത്ത് ഇത് പറഞ്ഞിട്ട് കാര്യം ഇല്ല ഇന്നത്തെ രീതിയിലാണെങ്കി നമ്മൾ ഉണ്ടായിരിക്കും മൗനം വിദ്വാന് ഭൂഷണം തർക്കിക്കാനേ ഉണ്ട് കാരണം എന്തുകൊണ്ട് നമുക്കറിയത്തില്ല അറിയാത്തടത്ത് എന്തിനാ ചടിയും വീഴാൻ പോകുന്നു നമ്മളും ഉണ്ടരുത് നിങ്ങളുടെ പൂർവ്വ വർഷങ്ങളെ കുറിച്ച് എനിക്ക് യാതൊരു അറിവുമില്ല ശരിയെന്നോ തെറ്റെന്നോ അറിയത്തില്ല അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല അറിയില്ല അറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്തിക്കണമെങ്കിൽ ഇനി പഠിക്കണ്ടേ അതൊക്കെ ഏഹ് അത് പഠിക്കേണ്ടി വരും അതായതിപ്പോ തർക്കം ചിസ്തുകിയുടെ ക്ലാസ് ഇരിക്കണെങ്കി എന്തു പറഞ്ഞ് തർക്ക സംഗ്രഹം പഠിച്ചിരിക്കണോ ല്ലേ പൂർവക്ഷം അറിയാൻ വേണ്ടി ഇല്ലെങ്കിൽ ഇതും മനസ്സിലാകത്തില്ല ആ അടിസ്ഥാന യോഗ്യതയുണ്ടെങ്കിൽ ഞാനിതൊന്നും പഠിച്ചിട്ടില്ല ഞാൻ എന്റെ അടുത്ത് ആരെങ്കിലും എന്നാ ഒന്ന് നോക്കൊന്ന് തർക്കിക്കാമെന്ന് പറഞ്ഞു തോന്നുന്നു ഞാൻ പറയും എനിക്ക് കഴിയത്തില്ല എന്തുകൊണ്ട് ഞാൻ പഠിച്ചിട്ടില്ല നിങ്ങളുടെ പൂർവ്വപക്ഷങ്ങളൊന്നും എനിക്ക് പരിചയമില്ല അപ്പം ഇണ്ടാതിരിക്കുക അറിയമ്മയത്ത് തർക്കിക്കാൻ പോയി എന്താ കാര്യം പക്ഷേ ഉണ്ടാതിരിക്കുന്നതുകൊണ്ട് എൻ്റെ തത്വനിശ്ചയത്തെ അത് ഇളക്കത്തില്ല അയാൾ ചോദ്യം ചോദിച്ച് എനിക്ക് സമാനം പറയാൻ കഴിയാത്തതുകൊണ്ട് എൻ്റെ തത്വനിശ്ചയത്തെ ഇളക്കത്തില്ല ഉത്തരം കൂട്ടിയാൽ എനിക്ക് തത്വനിശ്ചയത്തെ ഇളക്കത്തില്ല പക്ഷെ അയാളോട് സംസാരിക്കാൻ കഴിയില്ല അപ്രതിഭ വാദനിയമനുസരിച്ചാണെങ്കിൽ ഞാൻ പരാജയപ്പെട്ടു ഏ പിന്നെ അത് ഏർപ്പെടാതിരിക്കുക ഇതാണ് എൻ്റെ നിശ്ചയം ഇന്ന് നിങ്ങൾക്ക് തർക്കിക്കണോ തർക്ക സംഗ്രഹം പഠിച്ചിട്ട് വരാമെന്ന് നമുക്കൊരു കൈ നോക്കാം ആ രീതിയിൽ എങ്ങനെയാണ് നിങ്ങൾ സമ്മർദ്ദിക്കേണ്ടതെന്ന് പറഞ്ഞില്ല അങ്ങനെ പറ്റും അങ്ങനെ വരുമ്പോഴും എന്നെക്കാളും പഠിച്ച ആളാണ് അപ്പോൾ അയാളുടെ ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല പ്രശ്നമൊന്നുമില്ല കാരണം തത്വനിശ്ചയത്തെ ബാധിക്കുന്ന കാര്യമില്ല പിന്നെന്താണോ അത് പൂർവക്ഷ സമാധാന രീതിയിലുള്ള വാദ വിവാദങ്ങളെ സംബന്ധിച്ചുള്ള അറിവില്ലായ്മ അതുകൊണ്ടാകാം തത്വനിശ്ചയം വേറെയാണ് മറ്റുള്ള കാര്യങ്ങൾ വേറെയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ആ കാലഘട്ടത്തിൽ ഇതങ്ങനെ അവതരിപ്പിച്ചു അത് മനസ്സിലാക്കാൻ വേണ്ടി ഇത് ആവശ്യമാണ് നമുക്ക് വിടാൻ പറ്റില്ല ശരിയായ രീതിയിൽ ഇന്നിത് അവതരിപ്പിക്കുകയാണെങ്കിൽ ഇത് പഠിച്ച വിടുമ്പലേ പറയാൻ പറ്റൂ എല്ലാത്തോടത് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇടയ്ക്കിടെ ഞാൻ പറയുന്നത് ഇത് മതപ്രഭാഷണമല്ലോ മതപ്രഭാഷണം ആടൊമ്പനും പറയാം ആർക്കും പറയാം ഇത് പറയുന്നതാണ് പൂർണ്ണ പൂർണ്ണമാവശിഷ്യത ഓം ശാന്തി ശാന്തി ശാന്തി ഓം ശ്രീ ഗുരുഭ്യോ Yes.